എൻ്റെ ജനതയെ ഞാൻ നിങ്ങളോട് വിയോജിക്കുന്നത് കാരണം നൂഹ് അലി ഇസ്ലാമിൻ്റെ ജനതയ്ക്കോ ഹൂദ് അലി ഇസ്ലാമിൻ്റെ ജനതയ്ക്കോ സ്വാൽഹ് അലി ജനതയ്ക്കോ സംഭവിച്ചതുപോലെ നിങ്ങൾക്ക് സംഭവിക്കരുത് ലൂത്ത് അലി ജനത നിങ്ങളിൽ നിന്ന് വിദൂരവുമല്ല